എല്ലാവർക്കും എൻ്റെ പ്രണാമം ഈ പ്രപഞ്ചത്തിൽ രണ്ട് രണ്ട് ഘടകങ്ങളെ കാണാനുള്ളൂ ഒന്ന് ബോധവും മറ്റേത് ജഡവും ഉണ്ടായി മറയുന്നതൊക്കെ ജഡം ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ പുറമേ കാണുന്നതൊക്കെ ജഡം ഈ ഘടങ്ങൾക്ക് ബോധത്തിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഉള്ളതായിത്തീരാൻ സാധ്യമേയല്ല ബോധം കൈവിട്ടാൽ ഇവയൊന്നും ഇല്ല അതിനർത്ഥം ഈ ജഡങ്ങളെല്ലാം ബോധത്തിൻ്റെ തന്നെ ചില പ്രതിഭാസങ്ങൾ ചില നാമരൂപങ്ങൾ ജഡം എന്നൊരു വസ്തു ഇല്ല ഉള്ളത് ബോധം മാത്രം ഇതിൽ കഴിഞ്ഞൊരു സത്യമില്ല നമ്മൾ എവിടെ പോയി പ്രഭാഷണം കേട്ടാലും ഏത് പുസ്തകം വായിച്ചാലും എന്തൊക്കെ ചെയ്താലും ഈ സത്യമറിയുന്നില്ലെങ്കിൽ സത്യമറിയുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിന് കാര്യമായ സ്വസ്ഥത കിട്ടുകയുമില്ല ഈ സത്യം വ്യക്തമായി ഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്ത് കർമ്മരംഗത്ത് എങ്ങനെ വേണോ വർദ്ധിക്കൂ ഒക്കെ വെറും ഒരു സ്വപ്നം വെറും ഒരിന്തയാലും ഉള്ളതൊരേ ഒരു ബോധം അവനിവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൻ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം ഈ ആത്മരൂപമാണ് അറിവ് അഥവാ ബോധം അവനിവനെന്നറിയുന്നതൊക്കെ അവൻ ഇവൻ അമീബ സൂര്യൻ ചന്ദ്രൻ എന്നിങ്ങനെ അറിയുന്ന എല്ലാം ആദിമമായ ഒരാത്മരൂപം ഈ ദയത്തിൻ്റെ തോന്നലുള്ളതാക്കിക്കൊണ്ട് നിൽക്കുന്ന ബോധം അറിവ് അല്ലാതെ മറ്റൊന്നുമല്ല ഇക്കാര്യം വിട്ടുവീഴ്ച കൂടാതെ ഓർമ്മിക്കുക മറ്റെന്ത് വേണോ വായിക്കുക പഠിക്കുക പക്ഷേ ഈ കാര്യം ഓർമ്മിക്കുന്നില്ലെങ്കിൽ മറ്റ് പഠിക്കുന്നതൊക്കെ വ്യർത്ഥം ഒന്നും മനസ്സിന് ശാന്തി നൽകില്ല സത്യം ആയിത്തീരുകയുമില്ല അറിയുന്ന ഹൃദയം ഗുരുദേവൻ ഇക്കാര്യമാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് മൂന്നാമത്തെ പദ്യം അറിവിന്ന് അളവില്ലാതേത് അറിയാം അറിവായതും വിളങ്ങുന്നു അറിവിലെഴുന്ന കിനാവ് ഇങ്ങറിവായിടുന്നവണ്ണമെല്ലാം അങ്ങയെല്ലാം അറിവ് നമ്മളറിവെന്ന് പറയുമ്പോ മേശയെക്കുറിച്ചുള്ള അറിവ് മനുഷ്യനെക്കുറിച്ചുള്ള അറിവ് ഇങ്ങനെ കൊച്ചു അറിവുകളെയാണ് കണക്കാക്കുന്നത് ബോധം അത് നമ്മുടെ ശരീരത്തിൻ്റെ പരിമിതി വെച്ചുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ജഗത്തിൻ്റെ പരിമിതി ജഡത്തിൻ്റെ പരിമിതിയിൽപ്പെട്ടു പോകുമ്പോൾ ബോധത്തിന് അങ്ങനെ പലതുമുണ്ട് എന്നൊക്കെ ഭ്രമം വരാം ആ പരിമിതി മാറ്റൂ അതാണ് ഗുരുദേവൻ പറയുന്നത് അറിവിന്ന് ത് അറിയാം അളവില്ലാത്ത അറിവ് ബോധം അനന്തം ബോധം ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ് എവിടെയും നിറഞ്ഞു നിൽക്കുന്നു ആ ബോധമില്ലാത്ത ഒരു പോയിന്റ് ഈ ലോകത്ത് സ്വർഗത്തിലോ നരകത്തിലോ ഒരിടത്തും കിട്ടാനില്ല അതാണ് ഇൻഫിനിറ്റ് അനന്തം അപ്രമേയം എന്നൊക്കെ നമ്മുടെ പുരാണങ്ങളും എഴുത്തച്ഛനും ഒക്കെ ആ സത്യത്തെ വാഴ്ത്തുന്നത് അതുകൊണ്ടാണ് അനന്തം അപ്രമേയം അങ്ങനെയുള്ള ഒരു ബോധം ഇവിടെ ഉണ്ട് എഴുത്തച്ഛൻ തന്നെ ഹരിതാമകീർത്തനത്തിൽ പറയുന്നില്ലേ ഫലമില്ലയാതെ നമ്മ വശമാക്കൊലാതിരത്തി മലമൂത്രമായ തടി പല നാടിയുടൻ അളവില്ലയാതെ വിളിവ് അളവില്ലാതെ വിളിവ് അനന്തമായ ജ്ഞാനം ബോധം അറിവ് അതിനെയാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത് അറിവിന് അളവില്ലാതെ ഏതറിയാം അളവില്ലാതെ ഏതറിവിനെയാണ് അറിയുന്നത് ആയതും വിളങ്ങുന്നു ആയതും ഇവിടെ ഉണ്ട് അതേ സത്യമാവാൻ പറ്റൂ അല്ലാതെ അതിനുള്ളിലുള്ള അളവുള്ള അറിവൊന്നും സത്യമാവാൻ പറ്റില്ല അളവില്ലാത്തവരറിവ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ആണ് ഉപനിഷത്ത് പറയുന്നത് സത്യം മാറ്റമില്ലാത്തത് ജ്ഞാനം ബോധം അറിവ് അനന്തം അതാണ് പരമസത്യം സത്യം ജ്ഞാനം അനന്തം അതൊക്കെ ശരി ഈ അനന്തമായ ബോധത്തെ നമ്മളെങ്ങനെയാണ് അനുഭവിക്കുക അനുഭവിക്കാതെന്താ കാണുന്നതൊക്കെ ബോധം തീരുമാനിക്കുക കാണുമ്പോൾ തന്നെ അനുഭവിക്കുക അതല്ലേ ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത് നിനക്ക് ഈശ്വരനെ ഇപ്പോൾ അനുഭവിക്കണമല്ലേ അനുഭവിക്കുക ഈ കാണുന്നതൊക്കെ ഈശ്വരനാണോ ഇവിടെ രണ്ടില്ല മാമേവ സർവഭൂത്തേശു ബഹിരന്ധിരപാവൃത്തും ഈക്ഷേത ആത്മനിചാത്മാനം യഥാഖം അമലാശയ അരയോദ്ധവരെ മാമേവാ ജനത്തിൻ്റെ സർവഭൂത സകല പ്രപഞ്ചഘടകങ്ങളിലും ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദനന്മാർ വരെ കാണുന്ന സകല പ്രപഞ്ചഘടകങ്ങളിലും എന്ന സർവഭൂതേഷു ബഹിരന്തരപാവർത്തും ഉള്ളെന്നോ പുറമെന്നോ ഇല്ല ഞാൻ സകല പദാർത്ഥങ്ങളെയും നിറഞ്ഞു നിൽക്കുന്നു ഉള്ളെന്നോ പുറമെന്നോ വ്യത്യാസമില്ലാതെ മാമേനോ സർവഭൂതേഷു സറയിലൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാക്കണം മനസ്സിലാവുന്നില്ലെങ്കിൽ ആവർത്തിച്ച് ചർച്ച ചെയ്തോ ചിന്തിച്ചോ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് വേറെ ഈ എന്തെങ്കിലും മനസ്സിലാക്കാൻ പോയാൽ അത് കള്ളമാകും അസത്യമാണ് ഒട്ടേറെ അസത്യങ്ങളായാൽ മനസ്സിലാക്കി വെച്ചത് കൊണ്ട് ഇത് വിശേഷം സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അസത്യങ്ങളെ അസത്യങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഭ്രമമണ്ഡലത്തിൽ ജീവിക്കൂ അവിടെ ഇവിടുന്ന് ഓടി കുളിക്കണം എന്നല്ല സത്യം പിടികിട്ടിയാൽ ബാക്കിയൊക്കെ അസത്യമാണ് അപ്പോൾ അത് വെട്ടി പിടികിട്ടിയാൽ ഇങ്ങനെ ഉള്ളിലുള്ള സക്കരുടെ അഴുക്കുകളും ആ നിമിഷം മാറും അ നിമിഷം ഇവിടെ കാണുന്നതൊക്കെ ഒരേ ഈശ്വര തൊപ്പം ഇപ്പോൾ ആരോടാ അസൂയ ആരോടാണ് കാമക്രോധാദി മറ്റുള്ളവരോട് കാമക്രോധാദിയും അസൂയയും കാണിച്ചാൽ ഞാൻ എന്നോട് തന്നെ അതൊക്കെ കാണിക്കുകയാണോ ഞാനാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പം ആരോട് അസൂയപ്പെടാൻ ഇതാ നിമിഷം ഇത് ബുദ്ധിക്കൊന്ന് ഉറച്ചു കിട്ടിയാൽ മതി ഈ തത്വം അങ്ങോട്ട് ബുദ്ധിയെ പഠിപ്പിച്ചുകൊണ്ട് രാഗദ്വേഷങ്ങളെ വലിച്ചെറിയൂ അതല്ലേ കൃഷ്ണൻ പറയുന്നത് രാഗദ്വേഷ വിയുക്തയിസ്തു വിഷയാനേന്ദ്രിയ ഇഷ്ടകൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളിൽ ചരിക്കൂ പക്ഷേ ആ വിഷയങ്ങളോട് രാഗദ്വേഷങ്ങൾ പുലർത്താതിരിക്കൂ ദുഃഖത്തിനും മുഴുവൻ കാരണം അതാണ് പിന്നെ ഈ സകല ദുഃഖങ്ങൾക്കും സകല യുദ്ധങ്ങൾക്കും സകല ചക്രവർത്തിമാരുടെ പിഴച്ചിലിനും കാരണം ഈ രാഗദ്വേഷമാണ് അസത്യത്തുനിന്ന് കരുതിയിട്ടുള്ള രാഗദ്വേഷം അതിനെ ഉപേക്ഷിക്കൂ അതിനാണ് എല്ലാം അറിവാണ് എല്ലാം ദോഷമാണ് എഴുത്തച്ഛൻ പറഞ്ഞത് അതാണ് ഹലരല്ലയാതം വന്ന വശമാക്കൽ ആ ജഗത്തി മരമൂത്രമായ തടി പല നാളി നമ്മളിവിടെ കാണുന്നില്ലേ എന്നാലും നമ്മൾ പഠിക്കാഞ്ഞാൽ എന്തു രാഗദ്വേഷമയമായി കിടന്നു പിഴയുന്നു അതിനിടയ്ക്ക് ഈ ലടം വിട്ടുപോവുകയും ചെയ്യുന്നു അപ്പോൾ ചോദിക്കുക ഏത് ചക്രവർത്തി എന്ത് നേടി ഏത് ഭരണാസികാരിയും ഏത് ചക്രവർത്തിയും പിടച്ചിലിനിടയ്ക്ക് ശരീരം വിട്ടുപോകുകയാണ് അവരെന്ത് നേടി എന്ത് നേടി എന്നു വെച്ചാൽ ഞാൻ മെമ്പറായി വളരെ സന്തോഷം എല്ലാം സന്തോഷമായോ പാർലമെൻറ്റ് മെമ്പറാവണമെന്ന് ആരും പറയുന്നില്ല പക്ഷെ പാറടി മെൻ മെമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് വല്ല സ്വസ്ഥതയും കിട്ടും അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോയി വേറെ പലതും പലതും ആവണം പലരെയും ദ്രോഹിക്കണം നശിപ്പിക്കണം എന്ന ചിന്ത കൂടിക്കൂടി വരുന്നു അങ്ങനെ അറിവിൻ്റെ അളവില്ലാതേതറിയണം ആ അറിവുണ്ടെങ്കിലോ ഓക്കെ ഒരു കളി ആരോടെന്ത് വിദ്വേഷം ആരോടെന്ത് പ്രത്യേക സ്നേഹം ഈ നാടകത്തിൽ എവിടെയെവിടെ എങ്ങനെയൊക്കെ അഭിനയിക്കാമോ അഭിനയിക്കുക പക്ഷെ ഏതെങ്കിലും നാടകത്തിലെ നടൻ താൻ കഥാപാത്രമാണെന്ന് യഥാർത്ഥം തിരിച്ച് അഭിനയിക്കാറുണ്ടോ കംസന്റെ വേഷം കെട്ടിയ ഒരു നടൻ ഞാൻ യഥാർത്ഥത്തിൽ കംസനാണെന്ന് ചിന്തിച്ച് അഭിനയിക്കാറുണ്ടോ ആ അഭിനയമാണ് അയാളുടെ അഭിനയത്തിന്റെ വിജയം ഞാൻ ഒരിക്കലും കഥാപാത്രമല്ല ഈ അറിവ് മാത്രമേ അല്ലെങ്കിൽ ഈശ്വരഭജനം പോലും അസൂയയും വിദ്വേഷവും കൃഷ്ണനെ ഭജിക്കുന്ന ആളിന് രാമഭക്തനോട് വിദ്വേഷം അസൂയ ശിവഭക്തന് വിഷ്ണുഭക്തനോട് അസൂയ ശൈവ വൈഷ്ണവ സംഘടനം തന്നെ ഇവിടെയൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് മതസംഘടനങ്ങൾ ഇതൊക്കെ നമുക്കോരോരുത്തർക്കും ഈ സത്യം ഉള്ളിൽ ഉറപ്പിക്കാൻ പറ്റുമോ ഉറപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് സംഘടനമായിക്കോട്ടെ അതീ മായയിലുള്ളതല്ലേ അറിവിൻ അളവില്ലാതെ ഏതറിയാം ആയതുമ്പിളെന്നു അപ്പോൾ പിന്നെ ഗുരുദേവ അളവില്ലാത്ത ഒരു അറിവ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ കാണുന്നതൊക്കെ എന്തോന്ന അളവില്ലാത്ത ഒരറിവുണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല കാരണം അതില്ലാത്ത ഒരു പോയിന്റും ഈ രകത്തിലില്ല ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് ആണെങ്കിൽ അതില്ലാത്ത ഒരു പോയിന്റ് എവിടെയുണ്ട് അപ്പോൾ എല്ലാം ബോധം തന്നെയാണോ സംശയമില്ല അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞു അറിവിതെയ്യുന്ന കാവ് അങ് അറിവായിടുന്ന വണ്ണം അങ്ങനെയെല്ലാം വേറെ വേറെ എന്നറിയുന്ന കാര്യങ്ങളെല്ലാം അറിവിലെഴുതുന്ന കിനാവ് ശ്രീബോധത്തിൽ സംഭവിക്കുന്ന കിനാവ് എന്താ കിനാവ് കണ്ടിട്ടില്ലേ ഗംഭീരമായ സ്വപ്നം സൗരയൂഥങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രകടമാകുന്നു ചുറ്റിക്കടങ്ങുന്നു എന്തായത് അവിടെ സൗരയൂഥങ്ങളുണ്ടോ ഒന്നുമില്ല വെറും ഒരു ഭ്രമം ഉള്ളത് സ്വപ്നദർശിയായ ഞാൻ മാത്രം ഉടരുമ്പം അത് നല്ലപോലെ ബോധ്യപ്പെടുകയും ചെയ്യുന്നു എന്തിനീ അറിവ് ഓടിപൊടിക്കാനല്ല ആവർത്തിച്ചത് ഓർമ്മിച്ചുള്ളുക ഗംഭീരമായി വേണമെങ്കിൽ ജീവിക്കുക വേണമെങ്കിൽ തല്ലിക്കളഞ്ഞിറങ്ങി പോവുക എന്തിനീ കിനാവ് അങ്ങനെ അറിവിലിഴുന്ന കിനാവ് ഇങ്ങറിവായി എഴുന്നവണ്ണം അങ്ങെല്ലാം ഈ കാണുന്നതെല്ലാം അതാണ് എന്താ ഭഗവാനത്തിലെ ജഡഭരതൻ രഘുഗണനോട് പറയുന്നതാണ് രഘുഗണൻ തൻ്റെ ജീവിതം മുഴുവൻ സത്യമന്വേഷിച്ചു പക്ഷേ സത്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെയിരിക്കുകയാണ് വഴിമന്ധയെ വെച്ച് ജഡഭരതനെ കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പോൾ ചോദിച്ചു ഭഗവൻ എന്താണ് സത്യം ആദ്യമൊക്കെ ഭരതനെ കുറെ ആക്ഷേപിക്കാനും ഭയപ്പെടുത്താനുമൊക്കെ നോക്കി പക്ഷേ അദ്ദേഹമുണ്ടോ ഭയപ്പെടുന്നു അവിടെ ചോദിച്ചു എന്താണ് സത്യം അതേ സത്യം നിനക്കെങ്ങനെ പിടികിട്ടും നീ ഇത്രനാളും ഇത്രനാളും വലിയ യജ്ഞങ്ങൾ നടത്തി കഴിഞ്ഞുകൂടിയെന്നല്ലേ യജ്ഞങ്ങളിൽ സത്യമെന്തെന്ന് ഒരു മിന്നിട്ടെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ എന്താ യജ്ഞങ്ങളിൽ എന്താ ചർച്ച ഇവിടെ ഇപ്പോൾ യജ്ഞങ്ങളാണല്ലോ നടക്കുന്നത് ഒരു വിരോധമില്ല അവയൊന്നും എതിർക്കുകയല്ല അവയൊക്കെ എന്നും നടന്നുകൊണ്ടിരിക്കും പക്ഷെ യജ്ഞങ്ങളിൽ ഈ സത്യം എന്തെന്ന് യഥാർത്ഥത്തിൽ ഒരു നിമിഷമെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ അവിടെ വലിയ സംഹാരങ്ങൾ ഹോമകുണ്ടങ്ങൾ ഹോമദ്രവ്യങ്ങൾ സദ്യ ഗംഭീരമായ സദ്യ അർച്ചനകൾ കോടിയർച്ചനകൾ ദശകോടിയർച്ചനകൾ ശതകോടിയർച്ചനകൾ ഒക്കെ കഴിഞ്ഞു എന്നിട്ടോ എന്താ സത്യം പിടികിയിട്ടോ സത്യം ഞങ്ങളെ ഉദ്ദേശിച്ചില്ലല്ലോ സങ്ങൾക്ക് പോയതൊന്നും നടത്തണം അല്ലാതെ ഇവിടെ സത്യം പിടിയിട്ടണമെന്ന് ആരുദ്ദേശിച്ചു ജലഭരതൻ രഘുവടനോട് പറഞ്ഞത് അതാ നീ സ്വപ്നത്തെ ദൃഷ്ടാന്തമാക്കി ഈ പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് എന്തുകൊണ്ട് ഇതുവരെ ചിന്തിച്ചറിഞ്ഞില്ല സ്വപ്നയെ നിരുത്യാ സ്വപ്നത്തെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് ഗൃഹമേധി സൗഖ്യം എൻ്റെ ഈ ഗൃഹസ്ഥാശ്രമസുഖം ഗൃഹമേധി സൗഖ്യം നയസ്യ ഹേയാനു ഇത് ഇതുപേക്ഷിക്കപ്പെടേണ്ടതാണ് കാരണം ഇതിലൊന്നുമില്ല കുറേ ദിവസം സൂചിച്ചുള്ളൂ അപ്പോഴൊക്കെ ഇത് ചിന്തിക്കണം സ്വപ്നം സ്വപ്നത്തിൽ ഗൃഹമേധി സൗഖ്യമൊക്കെ വേണ്ടവണ്ണം അനുഭവിക്കുന്നുണ്ടല്ലോ പലപ്പോഴും ഉണരുമ്പഴോ ഒരു ഗൃഹമേധി സൗഖ്യവും ഇല്ല സ്വപ്നേ നിരുക്ത്യാ ഗൃഹമേസ്യം നയസ്യം സ്വയം സ്വയം ഇയാൾ ചക്രവർത്തിയല്ലേ സ്വയം സ്വപ്നവരുമായി താരതമ്യപ്പെടുത്തി ഇവിടത്തെ ഈ നാനാകുഷ്യങ്ങൾ ഇല്ലാത്തതാണെന്നും സത്യം ബോധം മാത്രമാണെന്നും ജഗത്ത് മുഴുവൻ അതാണെന്നും നീ എന്തുകൊണ്ട് വ്യക്തമായി വിചാരം ചെയ്തറിഞ്ഞില്ല അപ്പൊ പിന്നെ നിന്നെ ആ സത്യത്തിലേക്ക് ഉണർത്തിവിടാൻ രഹൂണ വലിയ പ്രയാസമാണ് എങ്കിലും ഞാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അറിവിലിടുന്ന കിനാവ് ഇനി അറിവായിടുന്നവണ്ണമങ്ങെല്ലാം ഈ കിനാവിൻ്റെ ദൃഷ്ടാന്തം ഗുരുദേവൻ തന്നെ ആത്മോപദേശ മറ്റു കൃതികളിലൊക്കെ പലപ്പോഴും മാറീട്ടുണ്ട് നെടിയെ കിനാവിത് ഈ ജീവിതം ഒരു നെടിയെ എന്തൊക്കെയോ ഭ്രമിച്ചുകൊണ്ട് പത്രം എടുത്ത് നോക്കുക ആരൊക്കെയോ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്നു അവ എന്ത് സംഭവിക്കുന്നു തീർന്നു ഒരു ദിവസം പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ തീർന്നു അതാണ് കിനാവ് നല്ല ഗംഭീരമായ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് ഉണർന്നു വലിയൊരു നിധി കിട്ടി എന്ന് സ്വപ്നം കണ്ടു അത് വീട്ടിൽ കൊണ്ടുപോയി മറ്റാരും കാണാതെ മുറിക്കകത്ത് വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുക അതിന് ഇത് അപ്പോഴാണ് ഉണരുന്നത് എന്തൊരു ദയനീയമാണ് ഇതല്ലേ ഇവിടുത്തെ ജീവിതം അത് കിട്ടി ഇത് കിട്ടി മെമ്പറായി മന്ത്രിയായി ഒക്കെയായി അപ്പോഴേക്ക് സ്വപ്നം ഉണരേണ്ടി വരുന്നു ഇതിൽപ്പരം ഒരു ദയനീയത മറ്റെന്തുണ്ട് ഇത് വേണ്ടെന്നല്ല നമ്മുടെ ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പർമാരെയും മന്ത്രിമാരെയും ഒക്കെക്കാൾ ഗംഭീരന്മാരായ രാജർഷിമാർ രാജർഷിമാർ ഭാഗവതത്തിലും മറ്റും അവരുടെ കഥ വിവരിക്കുന്നുണ്ട് സർവഭോഗ സമന്വമായ ജീവിതവും രാജ്യഭരണവും പക്ഷേ അവരിതൊക്കെ അത് നിസ്സാരമായി മനസ്സുകൊണ്ട് കണ്ടു അതുകൊണ്ട് അവരെ ഈ ലോകഭോഗങ്ങൾ ഒരിക്കലും പ്രലോഭിപ്പിച്ചില്ല രാജ്യഭരം ഭംഗിയായി നടത്തുകയും ചെയ്തു ജനകൻ ഋഷഭൻ തുടങ്ങിയുള്ളവരൊക്കെ ഗംഭീരമായി രാജ്യം ഭരിച്ചു പക്ഷേ ഇവിടുത്തെ ഈ മായാപ്രപഞ്ചം അവരെ അശേഷം പ്രയോജിപ്പിച്ചില്ല അതാണ് അറിവിലെഴുന്ന കിനാവ് ഇറിയാ അറിയവായിടുന്നവണ്ണമങ്ങയെല്ലാം അറിവായിടുന്നവണ്ണ വണ്ണം അറിയപ്പെടുന്നവയായിട്ട് ഇവിടെ കാണുന്നതെല്ലാം അറിവിലെഴുന്ന കിനാവ് ബോധത്തിൽ കാണപ്പെടുന്ന സ്വപ്നം സ്വപ്നം എല്ലാവരും കാണാറുണ്ടല്ലോ അതുപോലൊരു സ്വപ്നം എന്തുകൊണ്ട് ബോധമില്ലെങ്കിൽ കിനാവുമില്ല ജാഗ്രത്തുമില്ല ഒന്നുമില്ല അതുകൊണ്ട് ഈ ജാഗ്രത്തിൽ ഉണർന്നിരിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ പോലും ബോധത്തിലെ വരും സ്വപ്നം അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു ഉഴുതേൻ അറിവിന് നിറവുണ്ടെന്നാൽ ാതുള്ളതെടും അറിവേദന്ന് അറിവേദം നിങ്ങൾ പോയി അറിയുന്നിതെങ്ങിരുന്നിടും ശ്രദ്ധിക്കണം ആ പദപ്രയമൊക്കെ അറിയൊന്നും പിടിയിട്ടില്ല ആദ്യത്തെ രണ്ടുപേരി പ്രയാസമില്ല അറിവിന് നിറവുണ്ടെന്നാൽ അറിവ് പൂർണ്ണമാണെങ്കിൽ ബോധം ഇൻഫിനിറ്റ് ആണെങ്കിൽ പൂർണം അതില്ലാത്ത ഒരിടം ഒരിടത്തും ഇല്ല അങ്ങനെയാണെങ്കിൽ അറിവല്ലാതുള്ളതെന്നിരുന്നിടും അറിവല്ലാത്ത ഒരു വസ്തു എവിടെയിരിക്കാനാണ് അറിവല്ലാത്ത ഒരു വസ്തു എവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ആ വസ്തുവിൽ അകവും പുറവും നിറഞ്ഞ നിൽക്കുക എന്തുകൊണ്ട് അറിവ് ഇൻഫിനിറ്റാണ് അറിവ് പൂർണ്ണമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഉപനിഷത്തുകൾ പറയുന്നത് പൂർണ്ണമത പൂർണ്ണമതം എടോ ഇവിടെ കാണുന്ന ഇതൊക്കെ പൂർണ്ണമാവും പൂർണ്ണ വസ്തുവിൽ കാണപ്പെടുന്ന ഏത് കാഴ്ചയും പൂർണ്ണമാകാതെ വയ്യ ആ കാഴ്ചയെ ആ വസ്തുവിൽ നിന്നും വേർപെടുത്താനേ ഒക്കില്ല വെള്ളത്തിൽ കാണുന്ന ഏത് കുമിളയും വെള്ളമല്ലാതെ മറ്റൊന്നാകാൻ പറ്റില്ല അതുപോലെ ഒരു പൂർണ്ണ വസ്തുവിൽ കാണപ്പെടുന്ന ഏതും എന്ത് കാഴ്ചയും പൂർണ്ണമായിരിക്കാനേ പറ്റൂ നമ്മളീനെ വേർപെടുത്തിയൊക്കെ എടുക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് അപൂർണമെന്ന് കരുതുന്നു നമ്മൾ വേർപെടുത്തി എടുക്കുന്നത് എവിടെ ഈ ബോധത്തിൻ്റെ തന്നെ ഒരു ഗംഭീര പ്രകടനമായ സ്പേസിലാണ് ആകാശത്തിലാണ് ഒരു വസ്തുവിനെ വേർപെടുത്തി കാശത്തിനപ്പുറം കൊണ്ടുപോകാൻ പറ്റുമോ ആർക്കെങ്കിലും അപ്പോ ഈ വസ്തുവിനെ എവിടെയൊക്കെ കൊണ്ടുപോയാലും ആ വസ്തുവിൽ ആകാശം അകവും പിറവും നിറഞ്ഞിരിക്കുന്നു ആർക്കെങ്കിലും നിഷേധിക്കാനൊക്കുമോ ആകാശം നിറഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഇത് ശൂന്യാകാശമല്ല ചിതാകാശം ബോധാകാശം രംഗം നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൻ്റെ ആദ്യത്തെ തോന്നലാണ് ആകാശം ആകാശം ബ്രഹ്മശരീരം അപ്പോൾ ആകാശമില്ലാത്ത ഒരിടത്ത് ഏതെങ്കിലും പദാർത്ഥത്തെ കൊണ്ടുപോകാൻ പറ്റുമോ അതിനർത്ഥം പറ്റില്ലെങ്കിൽ ഏത് വസ്തു ആകാശം അകവുമ്പോഴും നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ആ വസ്തു ആകാശമാണ് അതായത് ചിതാകാശം ബോധാകാശം ബോധാകാശത്തിലല്ലാതെ മറ്റൊന്നിനും ഉള്ളതായി തീരാൻ പറ്റില്ല വെറും ശൂന്യമായി കാണപ്പെടുന്ന സ്പേസിൽ ആകാശത്തിൽ ഒന്നും ഉള്ളതായിത്തീരാൻ പറ്റില്ല ശൂന്യതയിൽ ഭ്രമം പോലും സാധ്യമല്ല വെറും ശൂന്യതയിൽ അപ്പോ ഈ കാണുന്ന ശൂന്യത ശൂന്യമല്ല ചീതാകാശം എന്നാണ് നമ്മൾ ഋഷീശ്വരന്മാർ പറയുന്നത് ചിതാകാശമാണ് ഈ ആകാശത്തിൽ ഓരോ കൊച്ചു കൊച്ചു പോയിന്റിലും ബോധം നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ടാണല്ലോ അതിൽ നിന്ന് വായു സ്പന്ദിക്കുന്നത് പ്രാണൻ സ്പന്ദിക്കുന്നത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഈ ആകാശത്തിൽ ചുറ്റിത്തിരിയുന്നതുകൊണ്ട് ശൂന്യതയാണെങ്കിൽ ഇവിടെ ചുറ്റിത്തിരിയാൻ പറ്റുമോ ഏതോ അതിഗംഭീരമായ ഒരു പൂർണ്ണ വസ്തു ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ചഭ്രമം പോലും പ്രകടമാവാൻ പറ്റൂ ഒരു വസ്തുവില്ലാതെ ഭ്രമം പോലും സാധ്യമല്ല കയറുണ്ടെങ്കിലേ പാമ്പിൻ്റെ ഭ്രമമുണ്ടാവും മരുഭൂമി ഉണ്ടെങ്കിലേ കാനൽ ജലത്തിൻ്റെ ഭ്രമം സാധ്യമാവും ആകാശം വെറും ശൂന്യമാണെങ്കിൽ അതിലൊരിക്കലും ഒരു ഭ്രമവും സാധ്യമല്ല വെറും ശൂന്യം വസ്തുവല്ല അപ്പോ ആകാശമായി കാണപ്പെടുന്ന ഈ അത്ഭുതകരമായ ദൃശ്യം നമ്മൾ വലിയ സ്പേസ് സയൻസൊക്കെ വളർത്തിയെടുത്തിട്ടുണ്ട് സ്പേസ് സയൻറ്റിസ്റ്റുകളൊക്കെ ധാരാളമുണ്ട് പക്ഷേ എന്തായി ആകാശം അതിനെ കണ്ടെങ്കിലും ആകാശത്തിന് കാരണമായ പരമാത്മവസ്തുവിൻ്റെ മഹത്വം ഓർമ്മിക്കണ്ടേ അനന്തത ഇൻഫിനിറ്റിറ്റ്യൂഡ് അത് ഓർമ്മിക്കണ്ടേ ഞാൻ പല സുഹൃത്തുക്കളോടും ചോദിച്ചിട്ടുണ്ട് എന്തായി ആകാശം എന്തായി ആകാശം എന്ന് വെച്ചാൽ ഇത് എവിടുന്നുണ്ടായി നിൽക്കുന്നു ഒരുത്തർക്കും ഒരു പിടിയുമില്ല ർക്ക് ഒരു പിടിയുമില്ലാതെയാണ് വലിയ വലിയ ശാസ്ത്രം അത് ഇത് മഹാന്മാരായ ചില ശാസ്ത്രജ്ഞന്മാർ എന്തായാലും കുറേ കണ്ടുപിടുത്തമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഏ ഇതൊന്നുമല്ല ഇതൊന്നും നമ്മെ രക്ഷിക്കില്ല ഈ കണ്ടുപിടുത്തങ്ങളൊന്നും നമ്മെ രക്ഷിക്കില്ല ഇതാ സ്റ്റീഫൻ ഹോക്കിൻസ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസ്റ്റ് അദ്ദേഹം വലിയൊരു തിയറി തമോ ഗർത്ത സിദ്ധാന്തം ആവിഷ്കരിച്ചിരുന്നു ഏതോ ഒരു ഇരുണ്ട കുഴിയിൽ നിന്നാണ് ജഗത്തൊക്കെ ഉണ്ടായി വരുന്നത് എന്ന് അതായത് രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ അത് അതൊക്കെ പരമാബദ്ധം ഞാൻ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി അവിടെ നിന്നൊന്നും ഉണ്ടായി വരുന്നില്ല അവിടെ ഒന്നും പോയി ലയിക്കുന്നുമില്ല എന്നൊക്കെ അദ്ദേഹം രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് പ്രസ്താവിച്ചുകൊള്ളു എന്നെല്ലാം അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഫിസിക്സിനോട് ഒന്നും ഒരു താല്പര്യമില്ല താല്പര്യമില്ലെന്ന് വെച്ചാൽ അദ്ദേഹം അതിൽ നിന്നും ആക്ഷേപിച്ച് തള്ളിക്കളയുകയല്ല ഫിസിക്സിനൊന്നും നമ്മുടെ സത്യം സത്യം വെളിപ്പെടുത്തി തരാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ വന്നപ്പോൾ തന്നെ പ്രഖ്യാപിച്ചത് സ്വന്തം ജീവിതമാണെങ്കിൽ വളരെ കഷ്ടം ഞരമ്പുകളൊക്കെ തുടർന്ന് ഇങ്ങനെ വീൽചെയറിൽ സഞ്ചരിക്കുകയാണ് നമ്മൾ ആരെയും കുറ്റം പറയുകയല്ല ശാസ്ത്രജ്ഞയോ ശാസ്ത്രജ്ഞനോ കുറ്റം പറയുകയല്ല പക്ഷെ ഇതിൻ്റെയൊക്കെ പരിമിതി നല്ല വെള്ളം ധരിച്ചറിയുക അതൊക്കെയാണ് വിവേകാനന്ദ സ്വാമിയുടെയും മറ്റും മഹത്വം അദ്ദേഹം ഒടുവിൽ നല്ല ശിഷ്യനെ വിളിച്ചു പറയും കുഞ്ഞ് ഇവിടുത്തെ യാതൊരു ശാസ്ത്രത്തിലും പരമസത്യം കാട്ടിത്തരാൻ കഴിയില്ല ഉപനിഷത്തുക്കൾക്കല്ലാതെ മറ്റൊന്നിനും സാധ്യതയല്ല അവയൊക്കെ റിലേറ്റീവ്സ് ആയ എന്തൊക്കെയോ ചിലത് അങ്ങും ഇങ്ങുമൊക്കെ കാണിക്കും അതല്ലാതെ എന്തില്ലെങ്കിലും രഹസ്യം വ്യക്തമായി വെളിപ്പെടുത്തി തരാൻ കഴിയുമോ അറിവിന് നിറവുണ്ടെന്നാൽ നിറവേ പൂർണ്ണതാണ് അറിവിന് പൂർണതയുണ്ടെങ്കിൽ അറിവല്ലാതെ ഉള്ളത് എന്നിരുന്നീടും ആ ചോദ്യം ഉത്തരം ഉത്തരം പറയണം ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ ഇൻഫിനിറ്റായിട്ടൊരു വസ്തു ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ ആ വസ്തുവല്ലാതെ മറ്റൊരു വസ്തു എവിടെ ഇരിക്കാനാണ് വേറെ ഏത് വസ്തു എവിടെ ഇരുന്നാലും ഈ ഇൻഫിനിറ്റിനകത്തെ ഇരിക്കാൻ പറ്റും അല്ലാതെ അതിൽ നിന്ന് പുറത്തു പോകാനേ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പൂർണ്ണമത പൂർണ്ണമിതം ഏത് കൊച്ചു ശക്തിസ്പന്ദനവും പൂർണ്ണമാണ് എന്താ ഒരു പൂർണ്ണ വസ്തുവിൽ സംഭവിക്കുന്നതാണ് നമുക്ക് തൽക്കാലമത ചെറിയൊരു ശക്തിസ്പന്ദനവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും പൂർണ്ണ വസ്തുവിലാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പൂർണ്ണ വസ്തുവിനെ വിട്ടുപോകാൻ ഒരു ശക്തിസ്പന്ദനും യുധത്തിനും സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ ഉപനിഷത്തുകൾ പറയുന്നത് ഓരോ ശക്തിസ്പന്ദനവും പൂർണ്ണമാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ബോധസ്പന്ദനവുമാണ് ഓരോ ശക്തിസ്പന്ദനവും എനർജിയുടെ ഓരോ സ്പന്ദനവും അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ ഉൾക്കൊള്ളുന്നു നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുത ദിവസം അതെ അത്ഭുതം തോന്നിയിട്ട വിശേഷം നിലവുണ്ടെന്നാൽ അറിവല്ല അതുള്ളത് എങ്ങിരുന്നിടും ഒക്കെ എളുപ്പപ്പെട്ട മദ്യങ്ങൾ അറിവേത് എന്നും ഈ അറിവേതാണ് എന്ന് ഇങ്ങോ അറിയുന്ന ഈ അറിവേതാണ് നമുക്ക് പോയ അന്വേഷിക്കാം പോയറിയാം എവിടെ പോവാനാണ് അറിവ് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണ വസ്തു അതിൽ നിന്നും എവിടെ പോയാലും നിങ്ങളുടെ അറിവിനെ അന്വേഷിക്കുക അറിവേത് എന്ന് ഇങ്ങോറിയുന്നു അത് പോയെന്ന് പോയറിയുന്നു അങ്ങ് അങ്ങ് പോയറിയുന്നു അറിവ് ഇവിടെ നിന്നും അങ്ങ് പോയി ഈ അറിവിനെ അറിയാൻ ശ്രമിക്കുന്നു പലരും പറയാറുണ്ടല്ലോ നിങ്ങളെ പൂർണ്ണ എവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എവിടെ പോയാണ് അന്വേഷിക്കുന്നത് പൂർണ്ണ ബോധമല്ലാതെ ഇവിടെ മറ്റെന്തുണ്ട് അറിവേതുന്നു ഇങ്ങറിയുന്ന അറിവേതുന്നു ഈ അറിവ് ഈ പൂർണ്ണവസ്തു ഏതാണെന്ന് അതങ്ങ് പോയി അറിയുന്നു ചന്ദ്രനിൽ അല്ലെങ്കിൽ സൂര്യനിൽ ഒക്കെ പോലെ അറിയുന്നു അറിയുന്നങ്ങ് എന്നിതെങ്ങിരുന്നിടും ഇതെവിടെ സംഭവിക്കാനാണ് സത്യത്തിനുള്ളിൽ കെട്ടെന്ന് ചുവഴന്നിട്ട് എവിടെയോ പോയി സത്യമന്വേഷിക്കാൻ ശ്രമിക്കുന്നു സത്യമല്ലാതെ മറ്റിവിടെ ഒന്നുമില്ല അത് മനസ്സിലാക്കാൻ കഴിയാതെ സത്യത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള മഹാത്മാക്കളിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവിനെ പോലെയുള്ള പരമഹംസന്മാരിൽ നിന്നും അറിവ് തുടങ്ങിയ കൃതികൾ വേണ്ടവെണ്ണം വായിച്ചു മനണം ചെയ്ത് ആ സത്യം വേണ്ട ഒന്നും അറിയാതെ ഞങ്ങൾ സത്യം അന്വേഷിക്കുന്നു അവിടെ പോയി സത്യം അന്വേഷിക്കുന്നു ഇവിടെ പോയി എവിടെ പോയാൽ സത്യമന്വേഷിക്കുക അറിവേദം നിങ്ങൾ പോയി അറിയുന്നങ്ങ് എന്നിതെങ്ങിരുന്നീടും അങ്ങ് പോയി അന്വേഷിച്ചറിയാം എന്ന് പറയുന്നത് എങ്ങിരുന്നീടും എങ്ങിരിക്കാനാണ് ഈ അറിവിൻ്റെ കഥ അത്ഭുതമാണ് അത്ഭുതം സ്വന്തം കണ്ടുപിടുത്തങ്ങളെത്തന്നെ ആധുനിക ശാസ്ത്രം വേണ്ട പോലെ വിലയിരുത്തിയിരുന്നെങ്കിൽ ഈ അറിവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളുണ്ട് ഇന്ന് ശബ്ദതരംഗങ്ങളും മറ്റും ഒരു നിമിഷം കൊണ്ട് ലോകത്തിന് ഏതു ഭാഗത്തും എത്തിക്കാൻ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയുമല്ലോ പക്ഷെ എങ്ങനെ റേഡിയോ ടെലിവിഷൻ മറ്റ് പല ഉപകരണങ്ങൾ ശബ്ദം മാത്രമല്ല രൂപം ഒരാളിൻ്റെ രൂപം ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് ഭാഗത്തും ഒരേ ദിവസം എത്തിക്കാൻ ഇന്ന് ശാസ്ത്രജ്ഞന് കഴിയും അതിനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഇതെങ്ങനെ ഈ രൂപം പിന്നെ ടെലിവിഷനും ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനുള്ള ഇവിടെയുള്ള ഒരാളിൻ്റെ രൂപം നമ്മുടെ പ്രസിഡന്റിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒക്കെ രൂപം അവിടെ ഇരുന്ന് നമ്മുടെ മുറിയിൽ കാണാൻ സാധിക്കും നമ്മുടെ മുറിയിൽ അത് എത്തി നിൽക്കുന്നു ഇത് എന്നെ ഇതെന്തിൻ്റെ മഹത്വം ഇതാണ് മഹത്വം വാശിഷ്ടവും മറ്റും പറയുന്നേ സർവമസ്തി ചിതകോശയം ഈ ബോധത്തിനുള്ളിൽ ഓരോ ബോധസ്പന്ദനത്തിനുമകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ശക്തിസ്പന്ദനം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കുന്നു അതൊക്കെ എന്താ സാറേ ഈ പറയുന്നത് ശക്തിസ്പന്ദനമല്ലേ ഓരോ ശക്തിസ്പന്ദനവും സ്പന്ദിച്ചവസാനിക്കുകയാണ് തുടർന്ന് വേറെ ശക്തിസ്പന്ദനം ഈ ശക്തിസ്പന്ദന പ്രവാഹം തന്നെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാൻ ആർക്കും സത്യമല്ല ഓരോ ശക്തിസ്പന്ദനവും എനർജിയുടെ വൈബ്രേഷൻ വൈബ്രേറ്റ് ചെയ്യുന്നു തീരുന്നു വീണ്ടും വൈബ്രേറ്റ് ചെയ്യുന്നു വേറൊരു വൈബ്രേഷൻ ഇതെങ്ങനെ ഫണ്ടമെന്റല മനസ്സിനെ ഉണ്ടാക്കും ഇതാണ് മായ അനുവചനീയം എന്നല്ലാതെ ഇതിനൊന്നും മറുപടി പറയാൻ ഒരു ശാസ്ത്രജ്ഞനും മായ ഈ അറിവിൻ്റെ മായ ബോധത്തിൽ എങ്ങും നിറഞ്ഞ് നിശ്ചരമായി നിൽക്കുന്ന ബോധത്തിൽ ശക്തിസ്പന്ദനം തന്നെ ഉണ്ടാകാൻ സാധ്യമല്ല എന്തുകൊണ്ട് ഗുരുദേവൻ ചോദിച്ചില്ലേ അറിവിനു നിറവുണ്ടെന്നാൽ അറിവല്ലാതെ ഉള്ളതെന്നിരുന്നിടും അറിവ് പൂർണ്ണമാണെങ്കിൽ സർവത്വ നിറഞ്ഞിരിക്കുന്ന വസ്തുവാണെങ്കിൽ അറിവല്ലാതെ ഒരു ശക്തിസ്പന്ദനം പോലും അതിലെങ്ങനെ സംഭവിക്കും നിറഞ്ഞ് നിശ്ചലമായി നിൽക്കുന്നതിൽ ചലനും എങ്ങനെ സംഭവിക്കും അതല്ലാതെ മറ്റൊന്ന് അവിടെ വരാൻ പറ്റുമോ അത് നിറഞ്ഞ് നിശ്ചലമായി നിൽക്കുന്നു ഇതൊന്നും ചിന്തിക്കാതെ ശക്തിസ്പന്ദനം ഒക്കെ വളരെ നല്ലത് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കണ്ടുപിടിത്തങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഇതിന്റെ രഹസ്യം എന്നറിഞ്ഞ് സ്പന്ദിക്കുന്നു എന്നിട്ട് ഇന്ന് ലോകത്ത് കാണുന്ന ഈ അത്യത്ഭുതകരങ്ങളാരെച്ചാൽ ആർക്കും എന്തെന്ന് പിടി കിട്ടാത്ത പല പല കണ്ടുപിടിത്തങ്ങളും കമ്പ്യൂട്ടർ എന്ന് കണ്ടുപിടിച്ചു വളരെ നല്ലത് കമ്പ്യൂട്ടറിൽ എന്തെല്ലാം നമ്മൾ കൊടുത്താലും അത് അവിടെ സൂക്ഷിക്കുമ്പോൾ സൂക്ഷിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കതിനെ പിടിച്ചെടുക്കുകയും ചെയ്യാം പക്ഷേ ഇതെങ്ങനെ ഇതെങ്ങനെയാണ് ഇതവിടെ സൂക്ഷിക്കുന്നത് ഈ ചോദ്യത്തിന് കമ്പ്യൂട്ടറുണ്ടാക്കിയ ആളുകൾ ഇത്തരം എനിക്ക് നിഷ്ചില്ല ചിലപ്പോൾ പറഞ്ഞൊന്നു വരും നമുക്ക് അവരോടൊക്കെ ചോദിച്ച് നോക്കണം എങ്ങനെയാണ് ഒക്കെ അവിടെ അടങ്ങിയിരിക്കുന്നത് അല്ല ഞങ്ങൾ അതൊന്നും ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് ഫീല് ചെയ്യും പിന്നെ വീണ്ടും അതൊക്കെ കണ്ടെത്തും അങ്ങനെയാണോ അന്ന് പറഞ്ഞാൽ ഒന്നും പിടികിട്ടാതെ എന്തൊക്കെയോ ചെയ്യുന്നു ചില നന്മകൾ അതിനുള്ളുണ്ടേ നന്മകളില്ലെന്ന് പറയുന്നില്ല പക്ഷെ അതുകൊണ്ട് ജീവിതം സഫലമാകുമോ ജീവിതം തൃപ്തി അടയുമോ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് കൊണ്ട് ജീവിതം തൃപ്തിയടഞ്ഞു ഇല്ലെന്നു മാത്രമല്ല അത് പലയിടത്തും വൻ ഭീഷണി ഉയർത്തുന്നു എന്നാണ് ഇന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത് ആരെയും കുറ്റം പറയുകയല്ല ഈ മായ ഇതാണ് മായ നിങ്ങൾ എന്തൊക്കെയോ കാണുന്നു പക്ഷെ എന്താണെന്ന് നിശ്ചയമുണ്ടോ ആ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ഒരേ ഒരു വസ്തു അതുകൂടുന്നറിയൂ ഇവിടെ കണ്ടില്ല ബോധമില്ലയോ ഒരു കമ്പ്യൂട്ടറും ഇല്ല സോറി ബോധത്തിൽ കം കമ്പ്യൂട്ടറിൽ ബോധം ഇവിടെ ഇരിക്കുന്നു ആ അതന്വേഷിച്ചു നോക്കണം കമ്പ്യൂട്ടറിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ എനർജി ഉണ്ടോ ഉണ്ട് എനർജിയൊക്കെ എന്താ എന്നല്ല വേദാന്ത ഭാഷയിൽ ഓരോ മണൽത്തരിയും ബോധമാണ് ഓരോ ശക്തിസ്പന്ദനവും ഓരോ പരമാണുവും ബോധമാണ് വിവേകാനന്ദ സ്വാമി പറയുന്നു നിങ്ങൾ ഒരു മണൽത്തരിയെ വിശകലനം ചെയ്തു ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ്സിൽ ചെന്നെത്തും ഒരു മണൽത്തെരിയെ നിങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്തു മുമ്പോട്ട് ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് എന്തിന് ചുരുക്കി പറഞ്ഞാൽ ഈ ആധുനിക ശാസ്ത്രം ജഗത്താകെ ജഗത്തിനച്ചൽ ആധുനിക ശാസ്ത്രം കുറേ ഗംഭീരം കണ്ടുപിടുത്തങ്ങൾ നടത്തി വളരെ സന്തോഷം ഞാൻ ചോദിക്കട്ടെ അതിനേക്കാൾ മോശമായ ഒരു അദ്ഭുതകൃത്യമാണോ ഈ ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് കാണിച്ചോണ്ടിരിക്കുന്നത് അനന്ത കോടി സൗരയൂഥങ്ങൾ ചുറ്റിത്തിരിയുന്നു രാവുകൾ ചുറ്റിത്തിരിയുന്നു അനന്ത കോടി സൗരയൂഥങ്ങൾ ചുറ്റിത്തിരിയുന്നുണ്ടോ സാർ അല്ല എന്താണിപ്പോൾ വലിയ സമസാണ് സിസ്റ്റംസ് അതെന്തിനാ സാർ ഏടോ ഞാനും അതുതന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്തിനാണ് ഈ എന്തുകൂടി സൗരദിവസങ്ങൾ ചുറ്റിത്തിരിയുന്നു എന്താ അവിടെ ഈ സ്ട്രൈക്കും ധർണയും അഗ്ദിയും ഒക്കെ വല്ലതുണ്ടോ അതൊക്കെ പോയി അന്വേഷിക്കണം വാസ്തവത്തിൽ പക്ഷെ നമ്മുടെ നമ്മുടെ ലോകത്തിൻ്റെ ഇന്നത്തെ ജനസംഖ്യയെക്കാൾ എത്രയോ കൂടുതൽ സോളാർ സിസ്റ്റംസ് സൂര്യന്മാരും ചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ചുറ്റിത്തിരി സൗരയൂഥങ്ങളെക്കാൾ അത്ഭുതകരമാണോ നമ്മളേതെങ്കിലും കണ്ടുപിടിത്തം അല്ല ഒന്നിനെയും മോശമാക്കുകയല്ല ഇതുകൊണ്ടൊക്കെ മനസ്സിലാക്കുക ഇതൊരദ്ഭുതം ഈ പ്രപഞ്ചം ഒരാനുകളുടെ വചനീയം ഇനി എത്ര എത്ര ജന്മങ്ങൾ പുറമേ നിന്ന് ആരാരൊക്കെ പരിശ്രമിച്ചാലും ഈ ജഗത്തിൻ്റെ പരമരഹസ്യം വെളിപ്പെട്ടിട്ടേയില്ല നേരെ മറിച്ച് ഗുരുദേവിനെപ്പോലുള്ളവർ പറയുന്നു എടോ എന്തിന് വെളിയിൽ കിടന്നുഴലുന്നു നിന്റെ ഉള്ളിലേക്ക് നോക്ക് അവിടെ ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന അതിഗംഭീരമായ ഈ അറിവ് രാമകൽ പ്രകാശിക്കുന്നില്ലേ ആ അറിവില്ലെങ്കിൽ നീ എന്താ കമ്പ്യൂട്ടർ വർദ്ധിപ്പിക്കുമോ ഭക്ഷണം കഴിക്കുമോ വെള്ളം കുടിക്കുമോ ഒന്നുമില്ല അനങ്ങുവവും ഒന്നും ചെയ്യില്ല നിന്റെ ജഡം ഈ ശരീരം അനങ്ങില്ല അത് ഇല്ല നിന്റെ ഉള്ളിൽ ഞാനുണ്ട് ഉള്ളുഭവിക്കുന്ന ആ ബോധം ആചാര്യസ്വാമികളും മറ്റും പറയുന്നത് പോലെ സ്വപ്ന സുഷുപ്തി സു സ്ഫുടരാ സംവിധുജൃംഭത്തെ യാ ബ്രഹ്മാതി പിലി കണ്ടതനുഷു പ്രോത കുഞ്ഞ ഉണ്ട് ഉണ്ട് എന്നിങ്ങനെ ഉറക്കത്തിലും ഉണർവത്തിലും സ്വപ്നത്തിലുമൊക്കെ ഏതൊരു അറിവ് ബോധം അതാണോ നിന്റെ ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ജീവികളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത് സൈവാഹം ഞാൻ ആ ബോധമാണ് നജദൃശ്യവസ്തു ഈ കാണുന്ന ജടബന്ധം ഞാനല്ല എന്ന് വെറും ഒരു തിയറിയെങ്കിലും വ്യക്തമായി ചിന്തിച്ച ഞാൻ ബോധമാണ് എന്തുകൊണ്ട് ബോധം ആ ബോധം എന്നിൽ ഇല്ലെങ്കിൽ എനിക്ക് ഞാനും ഇല്ല ഈ പ്രപഞ്ചവുമില്ല തീർപ്പം എന്റെയും ഞാൻ അനുഭവിക്കുന്ന അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും കേന്ദ്രമേതാ ശിലാകേന്ദ്രം ഈ ഞാൻ ഞാനാ ഞാൻ എന്റെ ഈ ശരീരത്തിൽ നിന്നും അങ്ങോട്ട് പുറത്തിറങ്ങി പോകാമെങ്കിൽ ഞാനും തീർന്നു പ്രപഞ്ചവും തീർന്നു അതായത് ഈ ശരീരവും തീർന്നു പ്രപഞ്ചവും തീർന്നു എല്ലാം തീർന്നു ഇത്ര ഗംഭീരമായ സത്യം ഈ ഉള്ളിൽ ഉണ്ടെങ്കിലും അതിനെ അന്വേഷിക്കാതെ എന്തിനു വിരണ്ടോടുന്നു സൈവാഹം നച ദുഷ്യമസ് ദൃഢപ്രജ്ഞാപസ്തി ചേ ഈ ബോധമാണ് ഞാൻ ഞാനല്ലാതെ ഇടമല്ല ഒരറിവെങ്കിലും നിനക്കുണ്ടെങ്കിൽ ഒരുത്ത ഒരാൾക്കുണ്ടെങ്കിൽ ചണ്ടാലോസ്തു സദുദ്വിജോസ്തു ഗുരുത്യേഷാമനീഷാമ അവന്റെ ഈ ജഡശരീരം വെറും ജഡം ആ ശരീരം ഇല്ലാത്തത് ഉണ്ടെന്ന് അനുഭവിക്കാൻ കഴിയാത്ത ജഡം ജനിച്ചത് ചണ്ടാലകുലത്തിലോ ബ്രാഹ്മണകുലത്തിലോ ആകട്ടെ ഈ തീയറിങ്കിലും അവനറിയാമെങ്കിൽ അവൻ എൻ്റെ ഗുരുവാണ് ഞാൻ സത്യമാണ് അതിൻ്റെ പ്രകാശമയമായ വ്യക്തമായ രൂപം തെളിച്ചെടുക്കാൻ നമുക്ക് ശ്രമിക്കാം ഇപ്പോൾ അത് സത്യമാണെങ്കിലും പൂർണ്ണമായ പ്രകാശത്തോടു കൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല വ്യക്തമല്ലേ ഒട്ടേറെ രാഗദ്വേഷങ്ങളും നിരവധി കാമക്രോധ ലോഭാതി വികാരങ്ങളും പരമസത്യത്തെ ആ ചരിത്വങ്ങൾ പറയുമ്പോൾ ചന്ദ്രന് അനേകം മേഘപടലങ്ങളും മറക്കുന്നത് പോലെ ഈ ബോധതത്വത്തെ അറിവിനെ ഒരു ദേവൻ വിവരിക്കുന്ന ആ അറിവിനെ നമ്മുടെ ഉള്ളിൽ വ്യക്തമായി പ്രകാശിക്കുന്ന അറിവിനെ രാഗദ്വേഷങ്ങളും കാണുന്നില്ലേ പത്രമൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ എന്തെന്തെല്ലാം അതാണ് കാലത്ത് പത്രം വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ മനുഷ്യനെന്തിനാണിതൊക്കെ കാട്ടിക്കൂട്ടുന്നത് അവൻ സുഖത്തിൻ്റെ ലേശമെങ്കിലും കിട്ടുമ്പോണ്ടോ മായ മായ എന്നല്ലാതെ വേറെ എന്ത് പറയാൻ അങ്ങനെ അവ മൂടിയിരിക്കുകയാണ് ആ മൂടലൊന്ന് മാറ്റുക അതിനെന്താ വഴി എല്ലാവരിലും ഇരിക്കുന്ന സത്യം ഒന്നാണ് എന്ന് ഉറപ്പാക്കുക ഞാൻ തന്നെയാണ് മറ്റെല്ലാവരിലും ഇരിക്കുന്നത് അതുകൊണ്ട് ആരോടും വലിയ രാഗദ്വേഷങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊരു വിശേഷവുമില്ല എന്ന് വ്യക്തമായി ഉറപ്പിച്ച് ഈ ലോകത്ത് വ്യവഹരിക്കുമ്പോൾ തന്നെ ഉള്ളിലെ രാഗദ്വേഷങ്ങളെ മാറ്റി എല്ലാം ഈശ്വര എന്ന നിഷ്കളങ്കമായ സ്നേഹം ഈശ്വരീയമായ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ വിളയ്ക്കുക അതുമാത്രമേ വേണ്ടൂ അത് ചെയ്യാതെ കുറെ ഹോമം തത്വം നടത്തിയതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിവേഗം കൃഷ്ണൻ തന്നെ പറയുന്നു അതിവേഗമുള്ളിൽ ആനന്ദം ബ്രഹ്മാനന്ദം ആത്മാനന്ദം അതിങ്ങനെ സംശയരഹിതമായി തെളിഞ്ഞു വരും അതിനെന്താ പ്രയാസം ആരെ കണ്ടാലും ഈശ്വര തത്വമാണെന്നുള്ളിൽ ഓർമ്മിക്കുക പുറത്ത് പറയണ്ട അപ്പം നമുക്ക് ോന്നാവുന്ന അസുഖങ്ങളൊക്കെ അതോടെ മാറിക്കിട്ടും നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങും അവറഞ്ഞ് കവിയുന്നത് പോലെ ഉള്ള സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും പ്രകാശിക്കും അതിനുവേണ്ടിയാണ് ഗുരുദേവൻ ഈ അറിവ് ഇത്ര മനോഹരമായി നമ്മെ വിവരിച്ച് കേൾപ്പിക്കുന്നത് പുറമേയുള്ള ഈ പ്രപഞ്ചം ഏത് ഗംഭീരം വന്നാലും ഒരു കടം കഥ ഈ കടംകഥ പുറമേ നിന്ന് അഴിക്കാനേ സാധ്യമല്ല ഗുരുദേവനും മറ്റും നമുക്ക് അനുഭവിച്ചിട്ട് പറഞ്ഞു തരുന്ന ഈ അദ്വൈത സത്യം എന്താ അദ്വൈത സത്യം അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും ഈ അറിവെന്ന കഥയുടെ ആദ്യത്തെ പദ്യത്തിലെ ഒടുവിലത്തെ വരി അറിവല്ലാതെ എങ്ങുമില്ല വേറൊന്നും ബ്രഹ്മം ബോധം ഈശ്വരർ അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല ഈശാവാസ്യം ഇതും സർവം ഇത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുക അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ ഈ അറിവൊന്നും പഠിച്ചതുകൊണ്ടൊന്നും വലിയ വിശേഷമൊന്നുമില്ല അപ്പോൾ ഞാൻ ഗുരുദേവൻ്റെ അറിവ് പഠിച്ചിട്ടുണ്ട് ഉള്ള തരക്കേണ്ടില്ല ഇപ്പം എങ്ങനെയുണ്ട് മനസ്സൊക്കെ ഒരു മനസ്സിനൊന്നും ഒരു സുഖമില്ല സാർ പിന്നെ നിങ്ങൾ എന്തിനാണ് അറിവ് പഠിക്കാൻ പോയത് അപ്പോൾ സാർ അറിവ് പഠിച്ചോ പഠിച്ചു മനസ്സിലെങ്ങനെയുണ്ട് നല്ല സുഖമുണ്ടോ സുഖം സുഖം വെച്ചാൽ സുഖമില്ലാതെ വേറെ ഒന്നും ഇല്ല യാതൊരു സംശയമില്ല അനന്തമായ ആനന്ദം ഒരു പ്രശ്നവുമില്ല ശരീരത്തിന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല ഞാനത് എന്ത് പറയുന്നു ഇപ്പോൾ എന്തിനു പറയുന്നു നമുക്കൊക്കെ അത് സാധിക്കും അതിനുള്ള കുറച്ച് കരുത്ത് ഇതിന് നല്ല കരുത്ത് വേണം മാനസികമായി ആ കരുത്ത് ഒരു ദേവനും ജഗദീശ്വരൻ നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുവാറാകട്ടെ നമസ്കാരം